ആകാശവാണി ചാതകപ്പക്ഷികൾ നാടകം രചന ജാനമ്മ കുഞ്ഞുണ്ണി സംവിധാനം മാത്യു ജോസഫ് ശബ്ദം നൽകുന്നവർ സത്യനാഥ് രാമനാട്ടുകര ഇ എൻ അജയ്കുമാർ എം വിനീന്ദ്രൻ തങ്കച്ചൻ മരുതോങ്കര പി സാരംഗി ഞാനിവിടെയുണ്ട് മഴ ചാറുന്നുണ്ട് നീ തോട്ടത്തിൽ ഇറങ്ങിയിട്ട് കൊറേ സമയമായല്ലോ എന്റെ റോസ് ചെടികളൊക്കെ ക്ഷീണിച്ചു എക്സാം തുടങ്ങിയതിൽ പിന്നെ എനിക്ക് ശ്രദ്ധിക്കാനേ കഴിഞ്ഞിട്ടില്ല നിന്റെ മമ്മ മരിച്ചതോടുകൂടി എനിക്കിതിലൊന്നും ഒരു താല്പര്യമില്ലാതായി എന്റെ മനസ്സിൽ ഇരുട്ട് നിറച്ചുകൊണ്ടല്ലേ നിന്റെ മമ്മ എന്താ ജൂലിയറ്റ് പോയി കളഞ്ഞേ ശിവസ കാൻഡിൽ ഓഫ് മൈ ലൈഫ് पापा don't cry papa please papa okay okay my kid അവനെ നിന്നെ വിളിച്ചോ പീറ്റർ യുവർ ബോയ്ഫ്രണ്ട് വിളിച്ചാ ഇരുന്നോ നോ पापा ഹീസ് നോട്ട് മൈ ബോയ്ഫ്രണ്ട് ഹീസ് മൈ colleague only my colleague नो माय किड ही इज आवर फैमिली मेंबर യുവർ वुडビー पापा I don't like him! Don't like him! Maggie, Peter is a good one. My Juliet is a good one. My mother is a good one. I am a good one. Dad, my mother is a good one. Peter is a good one. Maggie! മാോ എഴുതിരുന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് മിസ്റ്റർ മാധവൻ എന്റെ മനസ്സിനെ സ്വാധീനിച്ചിരിക്കുന്നുവെന്ന് അതൊക്കെ വെറും തോന്നലാ മാഗി പ്രായത്തിന്റെ അപ്പോൾ മിസ്റ്റർ മാധവൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ ധരിച്ചിരിക്കുന്നത് അയ്യോ അങ്ങനൊന്നുമില്ല ഞാൻ മാഗി എന്റെ സുഹൃത്തല്ലേ വെറും മാധവൻ മതി എപ്പോഴും ഈ മിസ്റ്റർ മാധവൻ പ്രയോഗം മാധവൻ ഞാൻ കഴിഞ്ഞ ദിവസം മാഗിയുടെ ഒരു കവിത കണ്ടു െ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു എഴുത്തുകാരെയും മനസ്സിലാക്കുകയല്ല കവിത ആസ്വദിച്ചു എന്നാണ് പറഞ്ഞത് ഞാനൊരു സത്യം പറയട്ടെ മാധവ താങ്കളാണ് എന്റെ എഴുത്തിന്റെ ഊർജം എഴുത്തുകാർ വിശേഷിച്ച് കവികൾ സ്വപ്നജീവികളാണ് ആവശ്യമില്ലാത്തതൊന്നും മനസ്സിൽ കയറ്റിവെക്കണ്ടോ മാധവ എനിക്ക് എനിക്ക് തന്നെ ഇഷ്ടമാണ് അതെന്റെ സ്നേഹമാണ് അല്ല എന്റെ പ്രണയമാണ് മാഗി ഇറങ്ങുന്നുണ്ടോ ഓ ഗോഡ് സിക്സ് തേർട്ടി സമയം പോയത് അറിഞ്ഞില്ല കം വിന്റെ വണ്ടി പോവാം ഞാനും അങ്ങോട്ടാ എഡിനെങ്കിലും ഒന്ന് കാണണം നോ താങ്ക്സ് മിസ്റ്റർ പീറ്റർ എനിക്ക് ഷോപ്പിംഗ് ഉണ്ട് അതിനെന്താ എനിക്ക് തിരക്കില്ല ഞാനും കൂടാ നോ മിസ്റ്റർ പീറ്റർ താങ്കൾ പൊയ്ക്കുള്ളൂ ഞാൻ പറയുന്നത് കേക്കു മാഗി നമുക്ക് ഒരുമിച്ച് പോവാം അവൾക്ക് താല്പര്യമില്ലെങ്കിൽ താനെന്തിനെ നിർബന്ധിക്കണം പീറ്റർ യു മൈൻഡ് യുവർ ഓൺ ബിസിനസ് ഇത് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രശ്നമാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് നീണാൾ വാഴട്ടെ ഞാനിതാ പോകുന്നേ മിസ്റ്റർ മാധവൻ ഞാനും ഉണ്ട് ബസ് സ്റ്റോപ്പ് വരെ ഫ്രണ്ട് കൂടെ പോകുന്നില്ലേ എനിക്ക് കാറ് വേണ്ട കാൽനട മതി മാഗി നീ എന്നെ അപമാനിക്കാണോ മാഗി വേഗം വരൂ ഇനിയും വൈകിയ തന്റെ ബസ് പോകും എനിക്ക് തിരക്കില്ല മാധവൻ അടുത്ത ബസ് പിടിക്കാം നോ നോ അടുത്ത ബസ് അവിടെ എത്തുമ്പോ നേരെ ഇട്ടാകും ഈ ബസ്സിന് തന്നെ പോണം എനിക്ക് മിസ്റ്റർ മാധവനോട് കുറച്ച് സംസാരിക്കാനുണ്ട് ആദ്യമായി ഈ മിസ്റ്റർ വിളിയൊന്ന് നിർത്ത് എന്നിട്ട് വേഗം നടക്ക് നാളെയോ നാളെ നാളെ എന്ന് കരുതി ഞാൻ തന്നെ നീട്ടിക്കൊണ്ടു പോയിട്ട് വർഷം ഒന്നുകഴിഞ്ഞു അതിനിടയിലാണ് പഠിപ്പും പരീക്ഷയും ഒക്കെ എല്ലാം കഴിഞ്ഞു ഇനി മാധവ എന്റെ നെഞ്ചിനെ ഭാരമൊന്നിറക്കി വെക്കാൻ ദയവായി എന്നെ അനുവദിക്കണം എന്റെ മാഗി നിന്റെ നെഞ്ചിനെ നീറ്റുന്ന കാര്യം എന്താണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം ഹൃദയത്തിന്റെ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ് മാധവ ൾക്ക് ഒരേ ഭാഷയുള്ളപ്പോൾ അത് തിരിച്ചറിയാൻ ശബ്ദത്തിന്റെ ആവശ്യമുണ്ടോ മാഗി എനിക്ക് നല്ല കുട്ടിയെ വേഗം നടക്കാൻ ബസ് വരാറായി മാധവ ഒരു കാര്യം അപകടകാരിയാ സൂക്ഷിക്കണം ആ സൂക്ഷിച്ചോളാം മാഗി വേഗം വീട്ടിലെത്താൻ നോക്ക് മാഗി മോളൂ യെസ് എന്താ പപ്പാ പീറ്റർ നിന്നെ കണ്ടിരുന്നോ യെസ് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഒരേ ഓഫീസിലല്ലേ പപ്പ വർക്ക് ചെയ്യുന്നത് അവൻ വലിയ ദേഷ്യത്തിലാണ് അര് പീട്രോ ഞാൻ പ്രതീക്ഷിച്ചു എന്ത് പ്രതീക്ഷിച്ചു എനിക്കറിയാം നീ അവനെ ശുണ്ടി അല്ലേ അയാൾ അങ്ങനെ പറഞ്ഞോ പപ്പാ പീറ്റർ അന്തസ്സുള്ളവനാ സത്യക്രിസ്ത്യാനി നമ്മുടെ സഭക്കാരൻ സത്യക്രിസ്ത്യാനിയായ സഭക്കാരൻ പപ്പയ്ക്ക് പീറ്ററിനെ കുറിച്ച് എന്തറിയാം മദ്യപാനി മുച്ചിട്ട് കളിക്കാരൻ നിർത്ത് പീറ്ററെ നീ ഇനിയൊന്നും പറയണ്ട നമ്മുടെ വംശക്കാർക്ക് എന്താ മദ്യപാനം പാടില്ലെന്നുണ്ടോ നമുക്കല്ല പപ്പയ്ക്ക് പക്ഷെ എനിക്കത് പോരാ പിന്നെ നിനക്ക് വേണ്ടത് മറ്റാരാണ് മാഗി ഒരാളുണ്ട് മാന്യൻ മഹത്വമുള്ളവൻ മിസ്റ്റർ മാധവൻ മാഗി അവനൊരു ഹിന്ദുവല്ലേ നമ്മുടെ കൾച്ചർ നമ്മുടെ മതം അതൊന്നുമില്ലാത്ത ഒരു ഹിന്ദുവിനെ മതം ഒരിക്കലും അത് അനുവദിക്കില്ല ഞാൻ പറഞ്ഞേക്കാം മതവും സഭയുമൊന്നും എനിക്ക് പ്രശ്നമല്ല പപ്പ എനിക്ക് അവരുടെ അനുവാദവും വേണ്ട പക്ഷേ എന്റെ പപ്പയുടെ അനുവാദവും അനുഗ്രഹവും എപ്പോഴും വേണം ഇതില്ല വിവാഹം കഴിക്കില്ല പപ്പ എന്റെ മമ്മ ഉണ്ടായിരുന്നെങ്കിൽ അറിഞ്ഞാൽ എന്തോ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അയാൾ എന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു കണ്ടിടത്തൊക്കെ ഗേൾഫ്രണ്ട്സും ആഡംബരവും അയാൾ എന്റെ ജീവിത പങ്കാളിയാവുക അത് നടക്കില്ല പപ്പാ നടക്കുമ്പോളെ കുറവുകൾ ഉണ്ടായാലും അവൻ നമ്മുടെ മതക്കാരനാ മറ്റവനോ അവൻ നിന്നും മയക്കിയെടുത്തതാ നോ പപ്പാ അയാളുടെ വ്യക്തിത്വം എന്നെ സ്വാധീനിക്കുകയായിരുന്നു അയാളെ ഞാൻ ആരാധിക്കുന്നു അല്ല അഗാധമായി പ്രണയിക്കുന്നു അതങ്ങ് മറന്നേക്ക് മാഗി കർത്താവേ എല്ലാം നശിച്ചു എന്റെ വംശം വിശ്വാസം മതം എല്ലാം ഏ മാഗി വാട്ട് ഇ വാണ്ട് I want you. Mm, I need you. This is an office, Peter. My office is safe. I know. I know. Why do we get to the house? It's 6 months. I'm going to be in South Beach. I'm going to be in South Beach. I'm going to be in South Beach. I'm going to be in the house. I'm not going to be here. It's not. I'm going to be here. I'm going to be here. But you must come. Okay? I'm not going to be here. ില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് നീ വന്നില്ലെങ്കിൽ ജർമ്മൻകാരനായ നിന്റെ ഫെർണാണ്ടസ് വെല്ലുപ്പിന്റെ കുഴിമാടം തുറക്കൂറ്റേ പിന്നെ നിന്റെ ഈ പാലുപോലുള്ള ബോഡിയുണ്ടല്ലോ അത് ഞാൻ ഉയരോട് അതിലിട്ട് മൂടും നിന്റെ ഒരു മോഹവും നടക്കില്ല ഇഷ്ടമല്ല ഞാനൊരു പ്രണയിക്കുന്നു സ്നേഹം അനുഗ്രഹമാണ് മകളെ പക്ഷെ ഫാദർ എന്റെ പപ്പ അതിനെതിരാണ് സ്നേഹിക്കുന്നവരെ പിരിക്കാൻ ആർക്കും അധികാരമില്ല ഞാൻ എഡിനോട് സംസാരിക്കാം അതുകൊണ്ട് കാര്യമില്ല ഫാദ് കാരണം എല്ലാറ്റിനും പ്രശ്നമുണ്ടാക്കുന്നത് ആ പീറ്ററാണ് ഓഫീസിൽ പോലും അയാൾ എനിക്ക് സ്വൈര്യം തരുന്നില്ല ഏഹ് പീറ്ററോ അയാൾ നമ്മുടെ ഡിസ്യൂസയുടെ മകനല്ലേ പിന്നെ സഭയുടെ പ്രിയപ്പെട്ടവൻ ദൈവവിശ്വാസി പീറ്റർ മഹാമദ്യപാനിയാണ് ഫാദർ മുച്ചിട്ടുകളിയുമുണ്ട് എനിക്ക് അയാൾ ഇഷ്ടമല്ല മദ്യപാനം പാപമാണ് പക്ഷെ സോഫ്റ്റ് ഡ്രിങ്ക്സ് അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമാണ് കുട്ടി അതെന്തോ പീറ്ററിനെനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല ഫാദർ എന്നെ സഹായിക്കണം ഞാൻ പീറ്റർ സമ്മതിക്കില്ല ഫാദർ അയാൾ എന്നെ കൊല്ലുമെന്നാ പറയുന്നത് അവനെ സാത്താൻ പിടികൂടിയിരിക്കുന്നു നീ സ്നേഹിക്കുന്നവൻ നമ്മുടെ സഭക്കാരൻ തന്നെയല്ലേ അത് അല്ല അല്ല ഫാദർ അയാൾ ഹിന്ദുവാണ് ർത്താവേ ഇവൾ ചെയ്യുന്നത് എന്താണെന്ന് ഇവളുടെ അപരാധങ്ങൾ കാരുണ്യവാനായ കർത്താവെ അങ്ങ് ക്ഷമിക്കണമേ ഫാദർ അങ്ങ് ക്ഷമയോടെ എന്നെ കേൾക്കണം ഞാൻ സ്നേഹിക്കുന്നത് മതത്തെയല്ല മനുഷ്യനെയാണ് എന്റെ മതവും എന്റെ വിശ്വാസവും എന്റെ സ്വന്തം കാര്യമാണെന്നതുപോലെ എന്റെ പ്രണയവും എന്റെ സ്വന്തം കാര്യമാണ് ഇക്കാര്യത്തിൽ നീതിമാനായ ഫാദറിന്റെ പിന്തുണ മാത്രം മതി എനിക്ക് മകളെ നീ പറയുന്നത് ഫിലോസഫിയാണ് ഒന്ന് ഞാൻ പറയുന്നു നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും മഹിമയേറിയ അങ്കിയായി നീ അത് അണിയുകയും കർത്താവ് തുറന്നു പറഞ്ഞിട്ടുണ്ട് നിനക്കത് നല്ലത് വരട്ടെ ഫാദർ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ Hey, Mr. Eddin Fernandez. Hey, Mr. Eddin Fernandez. Hey. Papa? Papa? Hmm. What the hell? What? I'm going to get you back. Papa, I'm going to get you back. Hmm. Stop, Maggie. Don't disturb me. Mm. Papa, I'm going to get you back. That's it. Who are you? Eh? Who are you? That's it. Eddin Fernandez. കുടിച്ചിട്ടുണ്ട് മഴ പറയാറല്ലേ കുടിയൻ ഇപ്പോൾ സമയം എത്ര ആയെന്നറിയാമെന്ന് നിനക്ക് വൺ തേർട്ടി മിഡ് നൈറ്റ് ഈ സമയത്ത് നീ എന്തിനങ്ങോട്ട് വന്നു വന്നതോ അതെ നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടി അല്ല സോറി സോറി അല്ല കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാത്തതാ പാതിരാക്കാണോടാ പെണ്ണ് ചോദിക്കാൻ വരുന്നത് ടീച്ചർ നീ നന്നായി കുടിച്ചിരിക്കുന്നു ിൽ നീ അകത്ത് വന്ന് കിടന്നുറങ്ങേ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുന്നു ഹു ആയു പറയണം നിങ്ങളുടെ പൂന്നാരോടെ എനിക്ക് കെട്ടിച്ച് തരുന്നോല്ലയോ പീറ്റർ നീ ഇപ്പൊ പൊയ്ക്കോ ഞാൻ ഡിസൂസയുമായിട്ട് സംസാരിക്കട്ടെ ഡിസൂസു ദ അതിന് അങ്ങേരിക്കലാണോ വന്നത് അതെ ടാക്സിൽ എവിടെയാ അവള് മാഗിമാലാകാം ഏഹ് അവൾ നല്ല ഉറക്കത്തില്ല നിനക്ക് തീരെ ലെവലില്ല പോയിക്കോണ ഇവിടെ നിന്ന് യെസ് യെസ് പുകളോ പുകളോ പക്ഷേ തീരുമാനം പറയണം അവളെ എനിക്ക് തരുമോ അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ പീറ്റർ ക്രിസ്മസ് കഴിഞ്ഞോട്ടെ നമുക്ക് ആലോചിക്കാം ക്രിസ്മസോ അതിലും രണ്ടു മാസമുണ്ട് അവിടെയും അവള സാത്താൻ്റെ കൂടെ പോയിരിക്കും ഏതാ സംഭവിക്കാൻ പോകുന്നത് വിഡിത്തം പറയാതിരിക്കും പീറ്റർ മാഗി നല്ല സംസ്കാരമുള്ളൊരു പെണ്ണാണ് അവിടെ ഒരു അന്യമാസാൻ്റെ കൂടെ ഒരിക്കലും ഓടിപ്പോകില്ല ഓടിപ്പോവില്ലേ പോലും നന്നായി നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എഡിനെങ്കിൽ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം പീറ്ററെ വിഡിയാക്കിയ ും കറങ്ങാൻ കഴിക്കും ഇവൻ എന്ത് ഭാവിച്ചിട്ട ഇവനാണോ പപ്പ മാഗിയുടെ മാന്യനായ ഭാവി വരൻ മിസ്റ്റർ മാധവൻ നിങ്ങക്കൊരു ട്രാൻസ്ഫർ ഉണ്ടെന്ന് കേട്ടല്ലോ ഓവോ ഞാനറിഞ്ഞില്ലല്ലോ ഹേ അത് കള്ളം ഓർഡർ വന്നിട്ട് മൂന്നാല് ദിവസമായിരുന്നു മാഗി പറഞ്ഞല്ലോ ഞങ്ങൾ ഇന്നലെ ഒരു ഫിലിമിന് വരുന്നു മാറി അതെ അതെ ഞങ്ങളൊരു ടൂറിലായിരുന്നു അവക്ക് നിർബന്ധം ഈ അറ്റ്മോസ്ഫിയറിനൊന്ന് മാറി നിൽക്കണോ അടുത്ത ആഴ്ച ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണല്ലോ എൻഗേജ്മെന്റോ ഞങ്ങളുടെ എൻഗേജ്മെന്റ് താൻ എന്തിനറിയണം അവളുടെ ഫാദറിന് വലിയ തിടുക്കം അവക്കും അല്ല എന്നെപ്പോലൊരാളെ അവക്ക് സ്വപ്നം കാണാൻ കഴിയോ സ്വപ്നം ആർക്കും കാണാൻ അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ അല്ല താനെന്നെ പരിഹസിക്ക തന്റെ മോഹൊക്കെ എനിക്കറിയാം തന്റെ കളികളൊന്നും ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസിനോട് വേണ്ട ഞങ്ങളുടെ വംശം മുടിഞ്ഞോണ്ടിരിക്കരുതി നല്ല ചുണയുള്ള പുരുഷന്മാർക്ക് ഇപ്പോഴും പഞ്ഞൊന്നുമില്ല നിങ്ങളെ ഹിന്ദുക്കള് നിങ്ങളുടെ പാട്ടിന് നിന്നാ മതി വിവരം അറിയും ഒന്നും ചൂടാവാത്ത കാര്യം എന്താണെന്ന് തെളിച്ച് പറ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നും എന്റെ പ്രശ്നമല്ല ഞാനീ രണ്ടിലും പെടില്ല ഞാനൊരു മനുഷ്യനാ എന്റെ മതവും അത് തന്നെയാ തന്റെ അവൾ എനിക്കും അത് തന്നെയാ പറയാനുള്ളത് മനസ്സിനിണങ്ങിയ സ്ത്രീ പുരുഷന്മാർ സ്നേഹിക്കും അല്ല പ്രണയിക്കും അത് സ്വാഭാവികമാണ് അതിനിടയിലേക്ക് ഇടിച്ച് കയറി ചെല്ലരുത് അത് ഞാനായാലും താനായാലും ഞങ്ങളുടെ കാഴ്ച ലൈഫ് സ്റ്റൈൽ ആചാരം അതിനൊന്നും പറഞ്ഞാ ഭീഷണിയാണോ അതെ മിസ്റ്റർ പീറ്റർ മാഗി എന്റെ സഹപ്രവർത്തക ഞാനവരെ പ്രേമിച്ചിട്ടൊന്നുമില്ല അവളുടെ മനസ്സിൽ അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അത് താൻ തന്നെ അങ്ങ് തിരുത്തിയാ മതി അതിന് ഭീഷണിയും വാതുവെപ്പൊന്നും വേണ്ട സോറി മിസ്റ്റർ മാധവൻ അത് ബുദ്ധിമുട്ടാ എനിക്ക് ബ്രോക്കർ പണിയൊന്നുമില്ല പിന്നൊരു കാര്യം മാഗിയെ പോലെ ഒരു നല്ല പെണ്ണ് പ്രേമിക്കുന്നു എന്ന് ആത്മാർത്ഥമായി പറഞ്ഞാൽ എനിക്ക് നിരാകരിക്കാൻ പറ്റില്ല പിന്നെ ഗുണദോഷിച്ച് നോക്കാം മാധവാള പ്രേമിക്കുന്നുണ്ടല്ലേ ഒച്ച വെക്കണ്ട ഇല്ല എന്ന് ഞാൻ പറഞ്ഞത് സത്യമാ ഇപ്പോൾ വരെ പക്ഷെ മാഗിയെ പോലൊരു പെണ്ണിനെ ആർക്കാണ് സ്നേഹിക്കാതിരിക്കാൻ കഴുകുക അവൾ അത്രയ്ക്കും നല്ല കുട്ടിയല്ലേ മാധവ എനിക്ക് അവളെ കിട്ടിയില്ലെങ്കിലും നിങ്ങക്ക് കിട്ടില്ല അതിനെ അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മാഗി പ്രണയം വെറുമൊരു വേദനയല്ല തീവ്രമായ യാതന തന്നെയാണ് വിവാഹം അതിന്റെ പരിഹാരവുമല്ലോ മാഗി പീറ്റർ തന്നെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട് പോരാത്തതിന് മതം സഭ വിശ്വാസം വംശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്റെ പപ്പയും ഞാൻ എന്ത് ചെയ്യും ും ചേർന്ന് നിങ്ങളെ കൊണ്ടിത് പറയിങ്ങൾ അല്ല പ്രണയം രണ്ട് മനസ്സുകളുടെ ലേനമാണ് ശരീരങ്ങളുടെ എന്തായാലും ഒന്നെനിക്ക് ഉറപ്പുണ്ട് എന്റെ മനസ്സ് അത് ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അത് സ്വീകരിക്കുകയോ യോ ചെയ്യാം മരിച്ചൊന്നേ അറിയണ്ട എന്റെ ആത്മാവിൽ സൂക്ഷിക്കുന്ന ഒരു വികാരമുണ്ട് അത് സ്നേഹമോ പ്രണയമോ എന്തോ അത് നിങ്ങളെ ചുറ്റിപ്പറ്റിയ മാധവ ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ വെച്ച് മാധവൻ മാഗിയെ ഒരു ജന്മത്തിൽ ഒരാൾക്ക് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ പറ്റൂ എന്നെ സംബന്ധിച്ച് ആ ഒരാൾ നിങ്ങളാണ് ഇനി തീരുമാനമെടുക്കേണ്ടതും നിങ്ങൾ തന്നെയാണ് ാണ് ഞാൻ ഡിസൂസയുമായി സംസാരിച്ചു നെക്സ്റ്റ് മന്ത് മനസ്സമ്മതം നെക്സ്റ്റ് വീക്ക് വിവാഹം തീരുമാനിച്ചു അല്ലെ എന്റെ മോളുടെ ഭാവി അതെന്റെ ചുമതല അത് വിട്ടൊരു കളി ഇല്ല മാഗി എനിക്കതിൽ താല്പര്യമില്ല പപ്പ എന്റെ എനിക്ക് ജീവിക്കാൻ വലിയ പപ്പ മാഗി നിന്റെ മോഹം നടക്കില്ല പീറ്റർ നിന്റെ കഴുത്തിൽ മിന്നു കെട്ടും അതെന്റെ തീരുമാനമാധവൻ മാധവൻ ഇല്ലാതെ മാധവ എന്താ ഒന്നും ഞാനെന്താ ചെയ്യേണ്ടത് നീ പറരംപൊന്ന ആ കടൽ എന്റെ മനസ്സ് അതിനേക്കാൾ പ്രക്ഷുബ്ധമാണ് എന്റെ സ്നേഹത്തിന് അതിനേക്കാൾ ആഴമുണ്ട് മനസ്സിലാവുന്നുണ്ടോ മാഗിക്ക് ഞാൻ ഈ മണ്ണിൽ നമ്മളിലൊരാൾ തനിച്ചാവില്ല തീർച്ച തനിച്ചില്ല എന്റെ പ്രണയം സത്യവും അനശ്വരവുമാണ് മാധവ പറയൂ മകളെ എന്താണ് നിനക്ക് പറയാനുള്ളത് ഞാനൊരാളെ സ്നേഹിക്കുന്ന കാര്യം ഫാദറിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഡിസ്യൂസയുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം എന്തു പറഞ്ഞു ഡിസ്യൂസക്ക് കാര്യം മനസ്സിലായി പക്ഷേ പീറ്ററിനാണ് പ്രശ്നം ഫാദർ ഫാദറിന് പീറ്ററെ ഉപദേശിച്ചുകൂടെ ദൈവദാസനായി എനിക്ക് വിശ്വാസികളെ ഉപദേശിക്കാനേ പറ്റൂ നിർബന്ധിക്കാൻ വയ്യ മകളെ സ്വീകാര്യനാവില്ല എന്നത് മറ്റൊരു കാര്യം ഫാദർ മാധവനും മാഗിയും മനുഷ്യവർഗത്തിലെ രണ്ടു വ്യക്തികളാണ് സ്ത്രീയും പുരുഷനും മതവും വംശവും ഈ ഭൂമിയിൽ പരസ്പരം സ്നേഹിച്ച് മനുഷ്യരായി ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്നേഹം പരിശുദ്ധമാണെങ്കിൽ നീതിമാന്റെ കോടതിയിൽ നിങ്ങൾക്ക് നീതി കിട്ടും കർത്താവ് അനുഗ്രഹിക്കട്ടെ കർത്താവേ ഞങ്ങളെ കൈവിടരുത് മാഗി എന്താ പപ്പ ഇന്ന് ഹോട്ടൽ ഡി പാലസിൽ പീറ്റർ ഒരു ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളെ ക്ഷണിച്ചിട്ടുമുണ്ട് പപ്പ പോയിക്കോളൂ ഞാൻ വരുന്നില്ല അവൻ നിനക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് നീ വന്നേ തീരൂ എന്തു പറഞ്ഞാലും ഞാനില്ല അങ്ങനെ തീരുമാനിക്കാൻ വരട്ടെ ഞങ്ങൾ തീരുമാനിക്കൂ നീ അതനുസരിക്കൂ പപ്പാ ഞാൻ പ്രായപൂർത്തിയായൊരു പെണ്ണാണ് ചില കാര്യത്തിൽ പപ്പ വാശി പിടിക്കരുത് ഓഹോ നിനക്ക് പ്രായപൂർത്തിയായല്ലേ എനിക്കതൊരു പുതിയ അറിവാണ് നിന്റെ മമ്മ മരിക്കുമ്പോൾ നിനക്കെത്രയാ പ്രായം എന്നറിയുമോ നിനക്ക് നാല് ദിവസം പിന്നീടൊരു വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കെല്ലാം നീ ആയിരുന്നു ആ നീ നമ്മൾ ആംഗ്ലോ ഇന്ത്യൻസ് മാഗി നമ്മുടെ ലഗസി സൊസൈറ്റി സ്റ്റാറ്റസ് വയ്യ അതൊക്കെ എനിക്ക് വലിച്ചെറിയാം എനിക്കാവില്ല മാഗി ക്ഷുഭിതനാണ് അവൻ നിന്നെയും എന്നെയും നമ്മുടെ ഇഷ്ടത്തിന് വിടുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക് ജീവിക്കാൻ പോലും അനുവദിക്കില്ല മാറ്റി അതുകൊണ്ട് നീ നിന്റെ ആ കൊലീഗിനെ മറന്നേക്ക് െ നമ്മുടെ പ്രണയം സത്യമാണ് പക്ഷെ അതിന്റെ സാക്ഷാത്കാരം വിവാഹമാകണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യം പ്രണയത്തിന്റെ നൊമ്പരവും വിരഹവും അതുണ്ടാക്കുന്ന യാതനയും പ്രണയ സാക്ഷാത്കാരം തന്നെയാണ് അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ എന്തുവേണം വിവാഹം കഴിക്കണമെന്നാണ് ശാന്തമായി ആലോചിച്ചു നോക്കൂ നാല് ദിവസം പ്രായമായ കുഞ്ഞിനു വേണ്ടി ഒരായുസ് മുഴുവൻ കരുതലോടെ മാറ്റിവെച്ച നിന്റെ പപ്പയ്ക്ക് നീ നൽകുന്ന പ്രതിഫലം അത് നിന്റെ ജീവനാണെങ്കിൽ പോലും അത് ത്യാഗമാണ് കടമയാണ് അതിന് തടസ്സമാകാൻ എനിക്ക് വയ്യ തീരെ എന്നത് സത്യം തന്നെയാ ആ സ്ഥാനത്ത് മറ്റൊരുപടി ഉണ്ടാവുകയില്ല എന്നത് എന്റെ തീരുമാനമാണ് പക്ഷേ എനിക്കതൊന്നും അറിയില്ലടി നിന്റെ കൂടെ ജീവിക്കുന്നത് ഞാനാണ് ഈ പീറ്റർ അത് നടക്കില്ല പീറ്റില്ല എന്ന് നീ തീരുമാനിച്ച പോരല്ലോ നമ്മുടെ വിവാഹം ഇന്ന് നടക്കും ഒക്കെ ഇന്ന് മനസ്സിലായി നടക്കാൻ നിന്റെ സമ്മതം ആർക്ക് വേണം എന്റെ ഇഷ്ടം നടന്നില്ലെങ്കിൽ എന്റെ ശവം നിങ്ങൾ കാണേണ്ടി വരും കണ്ടോളാം കണ്ടോളാം ഞാൻ ഇക്കണ്ട കാലം കരുതി വെച്ച നിന്നെ അത് നിങ്ങളുടെ ഇഷ്ടം എന്നെ വിട്ടേക്കില്ല എനിക്ക് പള്ളിയും നിങ്ങൾക്കൊപ്പമാണ് പക്ഷെ നിങ്ങൾ വാശി പിടിച്ചാൽ നിങ്ങളുടെ വാശി ജയിച്ച നിങ്ങ എനിക്ക് അതായത് മതിയടി എന്നും ഞാൻ മോഹിച്ചതും നിന്റെ ശരീരം തന്നെയാ അതെ മതി മിസ്റ്റർ മാധവൻ എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല മതം മാറുന്ന കാര്യല്ലേ അതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഞാനൊരു മനുഷ്യനാണ് ഒരു മതത്തിന്റെയും പ്രതിനിധിയല്ല താങ്കളുടെ മകളോട് എനിക്ക് സ്നേഹമുണ്ട് ഒരുമിച്ച് ജീവിക്കണമെന്നാഗ്രഹവുമുണ്ട് അതിന് തടസ്സം നിങ്ങളുടെ മതവും വംശമഹിമയുമാണെങ്കിൽ ക്ഷമിക്കണം എന്റെ നിലപാടിൽ വിട്ടുവീഴ്ച ചെയ്യാൻ എനിക്കാവില്ല എങ്കിൽ നിങ്ങൾ മാഗിയോട് പറഞ്ഞു മനസ്സിലാക്കണം അവളെക്കാൾ നിങ്ങൾക്ക് പ്രധാനം നിങ്ങളുടെ നിലപാടാണെന്ന് മാഗി നിങ്ങളുടെ മകളല്ലേ നിങ്ങളുടെ മതത്തിലും വിശ്വാസത്തിലും വളർന്നവൾ അവൾക്ക് എന്നെ മനസ്സിലാവും ഞാൻ പറയാതെ തന്നെ അവൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് സ്നേഹം വെറുമൊരു വികാരമല്ല പരസ്പര വിശ്വാസം കൂടിയാണ് സീമിശ്ര മാധവൻ തർക്കത്തിനൊന്നും ഞാനില്ല പീറ്റർ നിങ്ങളെക്കാളേറെ മേഗിയെ സ്നേഹിക്കുന്നുണ്ട് പണവും പ്രതാപവും ഉണ്ടവന് സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ തമ്മിലുള്ള താരതമ്യം വേണ്ട പിന്നെ പണം നിങ്ങൾ പറഞ്ഞത് ശരിയാ ഞാനൊരു ധനികനല്ല സ്നേഹം മാത്രം മതിയോ ജീവിക്കാൻ പണം മാത്രം മതിയോ ജീവിക്കാൻ പക്ഷെ പീറ്ററിന് ഇത് രണ്ടുമുണ്ടല്ലോ പോരാത്തതിന് അവൻ ഞങ്ങളുടെ സഭക്കാരനും വളരെ ശരിയാ ഒരു കാര്യം ഉറപ്പ് തരുന്നു മാഗിയുടെയും പീറ്ററിന്റെയും വിവാഹത്തിന് ഞാനൊരു തടസ്സമാവില്ല തീർച്ച മതി എനിക്കത് മാത്രം മതി നീ എന്നെ കൈവിട്ടുവല്ലോ ിൽ വിശ്വാസമർപ്പിച്ച് ഞാൻ നിങ്ങളെ സ്നേഹിച്ചു ആ സ്നേഹം ഇന്നും ഞാനും കർത്താവും തമ്മിലുള്ള ഉടമ്പടിയാണത് മാധവനില്ലാതെ ടേ എല്ലോന്ന് പറഞ്ഞ കൊല്ലു ഞാൻ വീണ്ട ൾ നാടകം സമാപിക്കുന്നു രചന ജാനമ്മ കുഞ്ഞുണ്ണി കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും മാഗി പി സാരംഗി മാധവൻ ഇ എൻ അജയ്കുമാർ പീറ്റർ എം വിനീന്ദ്രൻ എഡ്വിൻ സത്യനാഥ് രാമനാട്ടുകര ഫാദർ ക്ലമന്റ് തങ്കച്ചൻ മരുതോങ്കര സംവിധാനം മാത്യു ജോസഫ് സഹായം പി നിഷ അവതരണം ആകാശവാണി കോഴിക്കോട്